ഒന്ന് വേണ്ടത് ഉള്ളതൊന്നും പോരാ ഇനിയും വേണം അതാണ് അസ്ഥിയും പ്രാപ്തിയും ഉണ്ട് ഉള്ളത് പോരാ ഇനിയും വേണം അവര് എന്ത് ആരുടെ മക്കളാ ജരയുമായിട്ട് സന്ധി ഉണ്ടാക്കുന്നവരാണ് ഈ ഉള്ളത് പോരാ വാങ്ങിക്കണം പോരാ വാങ്ങിക്കണം എന്ന് പറയുമ്പോഴേക്കും വാർദ്ധക്യം വന്നു പോകും ജരാ വാർദ്ധക്യത്തിനോട് സന്ധി ഇവര് അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛനോട് ചെന്ന് കരഞ്ഞു ജരാസന്ധൻ കോവിഷ്ഠനായി പതിനേഴ് പ്രാവശ്യം ഇരുപത്തിമൂന്ന് അക്ഷകൂണിപ്പടയോടുകൂടെ ആക്രമിച്ചു എന്നാണ് നാലു വച്ച് നോക്കാം മൊത്തത്തിലെ പതിനെട്ട് അക്ഷകൂണിപ്പടയേ ഉള്ളൂ കുരുക്ഷേത്ര ഭൂമിയിൽ പതിനേഴ് പ്രാവശ്യം ഇരുപത്തിമൂന്ന് അക്ഷകൂണിപ്പടയോടുകൂടെ ആക്രമിച്ചു അങ്ങനെ ഒരിക്കൽ ജലാസന്ധൻ ആക്രമണത്തിനായി വരുമ്പോ കാളയവനൻ എന്ന് പറയുന്ന ഒരാള് മറ്റൊരു വശത്തുകൂടെ ആക്രമണത്തിന് വന്നു നാരദ മഹർഷിയാണ് പറഞ്ഞു വിട്ടത് ശനി ദശ അദ്ദേഹം പോയിട്ട് പറയും കൃഷ്ണനടുത്ത് യുദ്ധത്തിന് പോകാനായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേക്കും അപ്പോ നാരദ മഹർഷി ജര കാലയവനെ ഇങ്ങോട്ട് പറഞ്ഞുവെച്ചു പറഞ്ഞുകൊടുത്തു അതാണ് കൃപ എന്ന് പറയണത് കാലയവനന് പറഞ്ഞുകൊടുത്തു കൃഷ്ണൻ എങ്ങനെയുണ്ടാവും ചോദിച്ചു കാലയവനൻ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ശംഖചക്ര ഗതാപാണിയായി നീലമേഘശ്യാമളനായിട്ട് പിതാംബരധാരിയായി പറഞ്ഞുകൊടുത്തു അങ്ങനെ കാലയവനന്റെ മുമ്പിൽ അതേ ധ്യാനത്തിൽ കാലയവനൻ വന്നിരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കോട്ടെ മധുരാപുരിയിൽ വന്ന് ം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമി വം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സഭസം ഭ്രാജത് കൗസ്തുഭാമുക്ത കന്ധരം പൃഥുദീർഘ ചതുർബാഹും നവകഞ്ചാരുണേക്ഷണും കാളയവനൻ ഭഗവാൻ വർണ് നാരദൻ വർണ്ണിച്ചു കൊടുത്ത രീതിയിൽ തന്നെ ഭഗവാൻ കാളയവനന്റെ മുമ്പിൽ ചതുർഭുജമൂർത്തിയായി ഭഗവാൻ അങ്ങനെ ഓടുക കാലയവനെ കണ്ട് ഭയന്നുകൊണ്ട് ഓടുന്ന പോലെ കാലയവനൻ പുറകെ ഭഗവാനെ ഓടിച്ചുകൊണ്ട് ചെല്ലാണ് അങ്ങനെ ഭഗവാൻ ഓടിച്ചെന്ന് ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് അദ്ദേഹം കൊറേ കാലമായിട്ട് ഉറക്കമാണ് അദ്ദേഹത്തിന് മുജുകുന്ദൻ എന്ന് പേര് അദ്ദേഹം ഒരു പൊതപ്പൊക്ക പുതച്ച് കിടന്നുറങ്ങണു കൃഷ്ണനുള്ളിൽ ചെന്നതും കാലയവനൻ ഈ ഉറങ്ങുന്ന ആളെ കൃഷ്ണനാണെന്ന് ധരിച്ച് ചവിട്ടി ഉറങ്ങിക്കിടക്കുന്ന ആള് എഴുന്നേറ്റൊന്ന് നോക്കി ആരാ നോക്കിപ്പാ നോക്കിയതും ഈ കാലയവനൻ ഒരുപടി ഭസ്മം ഒരു ചാരം ഒരുപിടി ചാരമായിട്ട് മാറി ഈ മുച്ചുകുന്ദൻ ആരാണെന്ന് വെച്ചാൽ ഇക്ഷുവാകു വംശത്തിലെ രാജാവാണ് അദ്ദേഹം ഒരിക്കൽ ദേവലോകത്തിൽ ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് ചെന്നു യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോ ദേവന്മാർ ചോദിച്ചു അങ്ങക്ക് എന്ത് പരമാ വേണ്ടത് മുച്ചുകുന്ദൻ പറഞ്ഞു എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം ദേവതകൾ പറഞ്ഞു അത് ഞങ്ങളെ കൊണ്ടാവില്ല ഞങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദേവലോകത്തിലിരിക്കില്ലല്ലോ അത് ഭഗവാൻ തന്നെ ഒരു സദ്ഗുരുവായി വന്ന് നിങ്ങൾക്ക് ഉപദേശിക്കണം പിന്നെ എന്താ വേണ്ടത് ചോദിക്കാം പറഞ്ഞു ഞങ്ങൾ ഞാൻ കുറെ സാധനമൊക്കെ ചെയ്തിരിക്കുന്നു പ്രാണായാമം ചെയ്തു ജപം ചെയ്തു ശാസ്ത്രാധ്യയനം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടും ഇതുകൊണ്ടൊന്നും പൂർണമായ അനുഭൂതി ഉണ്ടാവണില്ല പൂർണമായ അനുഭൂതി എന്ന് വെച്ചാൽ എന്താ അഹങ്കാരം ശ്രമിക്കണില്ല എന്ത് ചെയ്താലും അതിലൊക്കെ അഹങ്കാരം ഒളിഞ്ഞു നിൽക്കണു ജപം ചെയ്താൽ എന്നെ പോലെ ജപിക്കണ ആളില്ലാന്ന് തോന്നും പ്രാണായാമം ചെയ്താൽ ഞാൻ വലിയ യോഗിയാണെന്ന് തോന്നും പൂജ ചെയ്താൽ ഞാനാണ് ഇപ്പൊ ചിട്ടയായിട്ട് പൂജ ചെയ്യണതെന്ന് തോന്നും ശാസ്ത്രം പഠിച്ചാൽ അതിലും എല്ലാറ്റുള്ള ഇത് എവിടെയോ ഉള്ളിൽ കടന്നിരിക്കണത് കൊണ്ട് പൂർണ്ണത ഉണ്ടാവണില്ല ഈ പൂർണ്ണത എവിടെ ഉണ്ടാവും ഇപ്പൊ ദേവന്മാരോട് അദ്ദേഹം തീരുമാനിച്ചു ഇനിയിപ്പോ ചക്രവർത്തിയായിരുന്ന സകല ലോകസുഖങ്ങളും കണ്ടു കഴിഞ്ഞു അതിലൊന്നും കഴമ്പില്ലാന്ന് മനസ്സിലായി ഭഗവത്പ്രാ ാപ്തിക്ക് വേണ്ടി ഇത്രയധികം പരിശ്രമിച്ചു നോക്കി ആ പരിശ്രമത്തിൽ പരാജയപ്പെട്ടിട്ട് നിൽക്കാണ് ദേവന്മാര് കൈവലർത്തുന്നു ഞങ്ങൾക്ക് വയ്യ എന്നാ ഒരു കാര്യം ചെയ്യാൻ ഞാൻ എവിടെങ്കിലും ഒക്കെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം എന്താന്ന് വെച്ചാൽ ഉറക്കത്തിലാണ് ഇപ്പൊ അഹങ്കാരം ഒന്നും ഇല്ലാത്തത് കിടന്ന് ഞാൻ ഉറങ്ങിക്കൊള്ളാം ഭഗവാൻ എപ്പോ എനിക്ക് കൃപ ചെയ്യണോ അപ്പൊ ചെയ്യട്ടെ അപ്പൊ ദേവന്മാർ ഒരു വരം കൊടുത്തു ഈ അരമനയിലൊന്നും ഉറങ്ങണ്ട അവിടെ ആളുകൾ വന്ന് എഴുന്നേപ്പിക്കും അപ്പൊ അതുകൊണ്ട് കാട്ടിലൊരു ഗുഹയിൽ കിടന്ന് ഉറങ്ങുക ആ വരത്തിനോടുകൂടെ വേറെ ഒന്നും കൂടെ ചേർത്ത് വെച്ചു എഴുന്നേറ്റ അങ്ങ് ആരെ നോക്കണോ അവർ ഭസ്മം ഒരാളുടെ തലയിലെടുത്ത് വേറെ ഒരാളുടെ വരവുമായിട്ട് ബന്ധിച്ച് കിടക്കുക അങ്ങനെ മുജുകുന്ദന് വരം കൊടുത്തു അദ്ദേഹം അങ്ങനെയാണ് ഇപ്പൊ കാട്ടിൽ വന്ന് ഗുഹയിൽ കിടന്നുറങ്ങണത് മുജുകുന്ദനെ ഭഗവാൻ ഈ മുജുകുന്ദൻ ഉറക്കത്തിന് എഴുന്നേറ്റ അദ്ദേഹത്തിന് ആരെയെന്ന് മനസ്സിലാവണതിന് മുമ്പ് ഒരുപടി ചാരം കിടക്കാണ് മുമ്പില് യാലേ അത് പാക് ഒരുപിടി ചാമ്പൽ താല്പര്യക്ക് യാറോ വന്നിരിക്കഹ പൂരാ പ്രകാശമാന പഠിച്ചത് ഇരുട്ടാൽ ഇപ്പൊ എഴുന്ന പാക് ഒരേ പ്രകാശമാനമാ സാത്വിക പ്രകാശം അറിഞ്ഞിരിക്ക ഭഗവാൻ അങ്ങ് മുന്നാല നിക്ക ്രാപ്തോ വിപിനേ ഗരിഗഹ്വരേം പദ്ഭ്യാം പത്മപലാശാഭ്യാം വിചരസ് ചുരു കണ്ട കല്ലും മുള്ളും നിറഞ്ഞ ഈ ഗുഹയില് ഈ കാട്ടില് അവിടുന്ന് എങ്ങനെ നടന്നു വന്നു അവിടുന്ന് ആരാണ് അവിടുന്ന് സൂര്യനാണോ അഗ്നിയാണോ ദേവദേവനായ സാക്ഷാത് ശ്രീമൻ നാരായണനാണോ അങ്ങയുടെ തേജസ് കാണുമ്പോൾ അങ്ങ് സാക്ഷാത് നാരായണനാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് ആരാണ് ഭഗവാൻ പറഞ്ഞു മുചുകുന്ദനോട് മുചുകുന്ദ അതാണ് നമ്മളിപ്പോൾ അറിയേണ്ടത് ഓരോരുത്തരും അവനവനെ ആരാണെന്ന് അറിയണം വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ആരെന്ത് ഉത്തരം പറഞ്ഞാലും കള്ളമേ പറയാനൊക്കെയുള്ളൂ എന്ത് ചോദ്യം ചോദിച്ചാൽ ആരോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരാണോ ചോദിച്ചാൽ ഞാൻ ഇന്ന ആളാണെന്ന് പറയാം അത് കള്ളമാണ് ശരീരത്തിൻ്റെ അഡ്രസ്സേ പറയാനൊക്കെയുള്ളൂ ഇനിയിപ്പോൾ അവന് ഞാൻ ആത്മാവാണ് ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതും വെറും വാക്കാണ് അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ച ആ സത്യത്തിനെ കണ്ടാലേ അതെന്താണെന്ന് എനിക്ക് അനുഭവത്തിൽ വേദ്യമാവൂ വേറെ ഒരാളോട് ചോദിച്ച് എങ്ങനെ മനസ്സിലാക്കാനൊക്കും എനിക്ക് ഓരോ ജന്മത്തിൽ ഓരോ പേര് പറയുന്നു ഈ ജന്മത്തിൽ വസുദേവ വാസുദേവൻ എന്ന് പറയുന്നു ഏതായാലും എന്നെ നേരിട്ട് കണ്ടതുകൊണ്ട് ഇതിനുശേഷം യാതൊരു വിധത്തിലുള്ള ദുഃഖവും അങ്ങ് അനുഭവിക്കരുത് എന്ത് വരമാ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ വരാൻ ബ്രണീശ്വരാദർശ സർവാൻ കാന്താമിത്തെ എന്താഗ്രഹം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ തരാ നമ്മളൊക്കെ കാത്തിരിക്കുക അല്ലേ ഗുരുവായൂരിപ്പൻ അങ്ങനെ ഒന്നും പറയില്ലേന്ന് കാത്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ വരം തരാമെന്ന് ഗുരുവായൂരിപ്പൻ എത്രയോ പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറയില്ലേ ചോദിക്കാൻ എത്രയുണ്ട് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് ഭഗവാൻ നമ്മളടുത്ത് വരാത്ത വന്നു കഴിഞ്ഞാൽ എന്താ ചോദിക്കാൻ നിശ്ചയില്ല ചോദിച്ചിട്ട് തീരേ ഇല്ല ഭഗവാൻ വളരെ സൂത്രക്കാരനാണ് ചോദിക്കാൻ ഒന്നുമില്ലാത്ത ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കും കണ്ടാൽ ചിലരൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുമ്പിൽ അറിയാതെ പോലും പോവില്ല എന്താന്ന് വെച്ചാൽ അവർ ആഗ്രഹം ചോദിച്ച് ഭഗവാനെ നിലയ്ക്ക് വാങ്ങും മുജുകുന്ദനോട് എന്ത് വരമാ എന്ന് ചോദിക്കുകയാണ് मुशुकुंदु भगवाने वरम वेणमो चोदिक अे मनुष्य आशाजीवी विमोहिय जनगिश्माययादीय न भज्नृक्सा दुख प्रभवेशु सज्जते गृहेशु योषिपुष वंचिता സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ അതിപത്നിയായിട്ട് ഇരിക്കുന്നു പക്ഷേ സുഖം എന്ന് കരുതി ദുഃഖപ്രഭവേഷുസജ്ജതയെ ദുഃഖത്തിന് വേണ്ട വസ്തുക്കളിൽ ഒട്ടിപ്പിടിച്ച് അത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു വിമോഹിതോയും ഭഗവാന്റെ മഹാമായ മോഹിപ്പിച്ചു വെച്ചിരിക്കുന്നു ത്വതീയ അവിടുത്തെ മായാവൈഭവത്തിന് ആദ്യം നമസ്കാരം ത്വാം ഭജതി അനർത്ഥൃ ജീവിതത്തിന് പാരമാർത്ഥികമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് കാണാത്തവൻ ഭഗവാനെ അങ്ങേ ഭജിക്കണില്ല അവന് അവസരം കിട്ടിയാലും സന്ദർഭം കിട്ടിയാലും അവൻ ഭജിക്കാൻ കൂട്ടാക്കുന്നില്ല ഭക്തി ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ വല്ല ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ നല്ല തടി ലബ്ധാജനോ ദുർലഭമത്രമാനുഷം കഥഞ്ചിത് അംഗം അയത്നോന പാദാരവിന്ദം നജത്തി അസന്മതിന്ധകൂപേ പഥിതോ യഥാശു നല്ല മനുഷ്യശരീരം അവ്യംഗം അംഗങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ചിലർക്ക് നടക്കാം വയ്യ ചിലർക്ക് മിണ്ടാം വയ്യ ചിലർക്ക് അനേകവിധ വ്യാധികൾ അവരെയൊക്കെ കാണുമ്പോൾ ഭഗവാനോട് ഓരോരുക്കും അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും നന്ദി പറയണം അങ്ങനെയൊന്നും നമുക്ക് തന്നില്ലല്ലോ ശരീരത്തിന് അംഗങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാം ഭഗവാൻ തന്നിട്ടും പാതാരവിന്ദ ഭജതി അപ്പോഴും ഭക്തി ചെയ്യണം തോന്നുന്നില്ലല്ലോ ഭജിക്കണം തോന്നണില്ലല്ലോ ഭഗവത് ധ്യാനം ചെയ്യണം എല്ലാം ഇവിടെ ഉണ്ട് എല്ലാ സുഖവും ഉണ്ട് ഇതിൽ ആനന്ദമുണ്ട് ശാന്തി ഉണ്ട് എന്നാലും വേണ്ട എന്നാണ് ആളുകൾക്ക് ലോകത്തിൽ ദുഃഖമുണ്ട് വിഷമമുണ്ട് ഒട്ടകത്തിന് മുള്ളു തിന്നും തോറും നാവുപൊട്ടി ചോര വരും എന്നാലും ഒട്ടകം മുള്ള ഇതിനുള്ളൂ എന്ന് ലോകത്തിലെ സുഖങ്ങളൊക്കെ തന്നെ കണ്ടൂതിവൻ ചൊറിയുമ്പോ സുഖമായിരിക്കും അല്ലേ ചില സുഖക്കൾ റണമൊക്കെ വന്നിട്ട് ഉണങ്ങാറാവുമ്പോൾ ചൊറിയണത് നല്ല സുഖമാണ് ചൊറിയേണ്ട എന്ന് പറഞ്ഞാൽ ചൊറിയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവസാനം വരണോ അതുപോലെയാണ് ഈ സ്പർശജം സുഖം ഒന്നൊന്നിനോട് ലോകത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമ്പോഴുള്ള സുഖം വസ്തുക്കളെ അനുഭവിക്കുമ്പോഴുള്ള സുഖം ഈ പുറമേ നിന്ന് കിട്ടുന്ന സുഖം ഇതൊക്കെ കിട്ടിയിട്ടും പാതാരവിന്ദ ഭജതി ഗൃഹ അന്ധകൂപ്പയെ പറ്റിയത് പൊട്ടക്കനെറ്റിൽ വീണ പോലെ എത്ര ചുമതലകൾ അതൊക്കെ കണ്ടോ ഭയം തോന്നണം ഗ്രഹണാഥൻ പറയുന്നു ഭീതോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാരചക്ര കഥനാത് ഗ്രസതാം പ്രണീത ഈ ചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണോ അതിന്റെ ഓരോ ആരത്തിലും ഉള്ളുണ്ട് അതിങ്ങനെ മേലേന്ന് ഇങ്ങനെ ചുറ്റി വരുമ്പോ മേലെ വീഴുവല്ലോ ഭഗവാനെ ആ ചക്രത്തിൽ ഗ്രസതാം പ്രണീത അത് പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഏത് കയ്യിലൂടെയാ പിടിക്കേണ്ടത് ജയന് ട്വീൽ ആ ചക്രത്തിൽ കയറിയിട്ടുണ്ടോ എക്സിബിഷനിലുള്ള വലിയ ചക്രം കയറിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കയറരുത് ദൂരത്തുനിന്ന് മറ്റുള്ളവർ കയറി ചുറ്റുന്നത് കാണുക മാത്രം ചെയ്യുക അത് നല്ല രസമാണ് കഷ്ടകാലത്തിനൊരിക്കൽ കയറണം തോന്നി കയറി മേലെത്തുമ്പോൾ വരെ സുഖം മേലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഒരു മറി ആദ്യത്തെ ചോറൂണിന് കൊടുത്തത് വല്ലതും അവിടെ ഉണ്ടെങ്കിൽ അതടക്കം പുറത്തും എന്നാൽ അടുത്തിരിക്കുന്ന ആളുകൾ വില ഒരു ആശ്വാസം വലുതും തരുവോ ഇതാണ് സംസാരം എന്ന് പറയണത് പിടിച്ചോളൂ ഇന്നലെ ഒരാൾ വീണു ഇത് ചുറ്റി ഇങ്ങനെ ആരും ചുറ്റി വരുമ്പോ അയാളുടെ അടുത്ത് ഒന്ന് ഇറക്കി വിടുവെന്ന് നിങ്ങൾ കൊടുത്ത പണം തീർന്നിട്ടേ ഇറക്കി വിടുള്ളൂ പ്രാരബ്ധത്തിന്റെ കർമ്മമേ നമ്മളങ്ങോട് കൊടുത്തു വെച്ചിരിക്കുകയാണ് അത് തീരാതെ ഇറക്കി വിടില്ല ആ ചക്രം ചക്രനേമിക്രമേണ ചുറ്റാ ചുറ്റാ ചുറ്റാ ചുറ്റാ ചുറ്റ എടുത്തിട്ട് മറിക്ക ഇത് മറ്റുള്ളവർ ചുറ്റുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ സ്വതന്ത്രനാണ് കയറി കഴിഞ്ഞാൽ പോയി ഈശ്വര സർവഭൂതാണാം ഹൃദേശെ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ ഒരു യന്ത്രചക്രത്തിൽ കയറ്റി ചുറ്റിക്കണ പോലെ ഭഗവാൻ ഹൃദയസ്ഥാനത്തിലിരുന്ന് ചുറ്റിക്കണം രാമകൃഷ്ണദേവൻ പറയും അമ്മിക്കുഴവിയിലിട്ട് ആട്ടുമ്പോൾ അരിയെ അരച്ചെടുക്കുമ്പോൾ നടുക്കിയിരിക്കുന്ന അരി മാത്രം അറിയില്ല എന്നാണ് ബാക്കി അങ്ങോട്ട് സൈഡിലൊക്കെ പോയാൽ അരഞ്ഞു കിട്ടും അതുപോലെ സെന്ററിൽ ഹൃദയസ്ഥാനത്തിൽ അവിടെ നിന്നാൽ അറിയില്ല ബാക്കി അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ അരച്ചിടും അപ്പോ ഗൃഹ അന്ധകൂപേ പതിതോ യഥാപശു ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥാശ്രമമാണ് എപ്പോ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ബന്ധായ ഗൃഹാമതാഹ ഭഗവാൻ തന്നെ പറഞ്ഞു വാർത്ത യാതയാമാനാം നബന്ധായ ഗൃഹാമതാ ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട് നാമസങ്കീർത്ത ഒന്നും അറിയാനേ പാടില്ല കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണമെന്ന് അറിയാൻ പാടില്ല എങ്ങനെയോ നടക്കട്ടെ എനിക്കെന്ത് വേണം അപ്പൊ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നടക്കൂ ഞാൻ പ്രവർത്തിച്ചാലും നടക്കില്ല പിന്നെ പ്രവർത്തിച്ചിട്ട് എന്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണം എല്ലാരും ഓരോരുത്തരും വന്നിരിക്കുന്നത് പ്രാബ്ധത്തിനും മൂട്ട ഓരോ ഭാണ്ടം അത് ഞാൻ പ്രവർത്തിച്ചാൽ എന്ത് വേണം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ത് എങ്ങനെയോ നടക്കട്ടെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഭഗവത് ഭജനം അതിൽ പ്രവർത്തിച്ചാൽ പ്രയോജനമെങ്കിലും ഉണ്ട് ഇതിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എല്ലാവരവരുടെ പ്രാരംഭത്തിനനുസരിച്ച് തന്നെ നടക്കണം എല്ലാം തലയിൽ എഴുത്തുപോലെ നടക്കണം നടക്കട്ടെ അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരുന്നാൽ കാര്യമൊക്കെ നടക്കൂ വെറുതെ ഇരുന്നു നോക്കൂ വെറുതെ ഇരിക്കാനേ നട പറ്റില്ലല്ലോ നമ്മുടെ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഞാൻ വെറുതെ ഇരിക്കട്ടെ ഇരുന്നു നോക്കൂ പറ്റില്ല ഇരിക്കാൻ സാധിക്കണ്ടേ എന്നിട്ട് വേണ്ടേ അതിനുപോലും സ്വാതന്ത്ര്യം ഇല്ല പ്രാരബ്ദം നമ്മൾ ചിത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അപ്പോ രാജാവാണ് പറയണതേ ഒരു സാധാരണ ഒന്നുമില്ലാത്ത ഒരാള് പറയണതല്ല ചക്രവർത്തിയായിരുന്ന എല്ലാ സുഖങ്ങൾക്കും നടുവിലിരുന്ന ആള് ഭഗവാനോട് പറയാണ് ഭഗവാനെ എന്റെ കാലം നിഷ്ഫലമായിട്ട് പോയല്ലോ മമ ഈശകാലം അജിത നിഷ്ഫലോ ഗതഹാം രാജ്യശ്രിയ ഉന്നതമത ഭൂപത്തെ മർത്യാത്മബുദ്ധേ സുതധാരകോശൂഷു ആസജമാനസ ദുരന്തചിന്തയാ ഈ ചിന്തയ്ക്കൊരന്തമേയില്ല ആ ചിന്ത എവിടെ പ്രയോഗിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഭാര്യ കുട്ടികള് ബന്ധുക്കള് കുടുംബം ചുമതലകള് ഇതിലൊക്കെ ആസജ്ജമാന അങ്ങനെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെ കാലം ഭഗവാനെ നിഷ്പലോകത ചക്രവർത്തിയായ ആള് എല്ലാത്തിനെയും അനുഭവിക്കേണ്ട സുഖസമ സമൃദ്ധമായ ആള് പറയാ നിഷ്പലോകത ഭഗവാനെ ഓട്ടക്കുടത്തുനിന്ന് വെള്ളം പോണ പോലെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണെന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ നഴ്സറി ക്ലാസ് പത്താം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇരിക്കേണ്ട ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ താടിയും തലയും വെച്ച് ഭഗവത് സപ്താഹത്തിനിരിക്കും വയസ്സായിട്ട് ഓരോ പേരക്കുട്ടികളെയൊക്കെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടാവും ഇതാണെന്ന് പറയുമ്പോഴേക്കും കഴിയും കാലം ഓട്ടക്കുടത്തിൽ വെള്ളം പോണ പോലെ പോയിട്ടുണ്ട് പോയി നിഷ്പലോകത തിരിച്ചു വരില്ല പോയതൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല രാജ്യശ്രീയാ ഉന്നദ്ധമതസ്യ ഭൂപദേഹം ഇരിക്കുന്ന കാലത്ത് എങ്ങനെ ജീവിച്ചു എന്ന് വെച്ചാൽ വലിയ രാജാവാണെന്നും സമരാജവന്തിത സാമന്ത രാജാക്കന്മാരൊക്കെ വന്ന് നമസ്കരിച്ചു ചക്രവർത്തിയായിട്ട് സിംഹാസനത്തിലിരുന്നു എനിക്ക് ധാരാളം ധനമുണ്ടെന്ന് അഭിമാനിച്ചു സൂത്രധാര കോശഭൂഷു ആസജ്ജമാന ദുരന്ത ചിന്തയാ ഈ ശരീരം എന്തിനുകൊള്ളും കളേവരേസ്വിൻ ഘടകുഢ്യസന്നിഭെ നിരൂഢമാനോ നരദേവ ഇത്യാഹം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കൊടം മൺചട്ടിയാണ് ഘടകുഢ്യസന്നിഭെ ഒരു ഘടം പോലെ മൺകൊടം പോലെ കുലാലന്റെ അടുത്ത് പോയി ഒരു മൺകുടം വാങ്ങിച്ചു കൊണ്ടുവന്നു ആ കുലാലൻ പറഞ്ഞു തരിലിയാ തരലിയാ എന്ന് പറഞ്ഞു എത്ര അങ്ങനെ എത്ര ദിവസം ചോദിച്ചു നാലും ആറും മാസം ചോദിച്ചിട്ട് ആ കുലാലൻ അവസാനം ഒരു കുടം കൊടുത്തു നാലും ആറും മാസം പത്ത് മാസം ചോദിച്ചു ഒരു കുടം കൊണ്ടുവന്നു അതിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല കുറേ ദിവസം കൂത്താടി ചോട്ടലിട്ട് പൊട്ടിച്ചു നന്ദവനത്തിൽ ഒരാണ്ടി അവൻ നാലാറ് മാതമായി കുയവനെ വേണ്ടി കൊണ്ടുവന്നു ഒരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പോട്ടി ശങ്കര ശങ്കര ശമ്പോ ശിവ ശങ്കര ശങ്കര ശങ്കര ശമ്പോം ശങ്കര ശങ്കര ശമ്പോം എന്നാ പണലയേങ്ക തായ്മാണോ ഗുരുവിട്ട പോയി കേട്ട പൺത് ശാസ്ത്രം പഠിച്ചേ എല്ലാം പഠിച്ചേ ഒന്നും പുറലിയേ പുറിയണമാണ് വിനയത്തോടെ പ്രാർത്ഥനയോട് അരുളാല പാല് അരുളാലേ അവയും പാര അത്തെ അറിയാതെ അറിവാലേ പാത്തേ ഇരുളാന പൊരുൾ കണ്ടതല്ല പാത്തേ പാരമർത്തമാണ് ഞാനം ഇല്ലാമ പാത്തേ ഇരുട്ട് തന്നത് എനക്ക് കണ്ട എനയും കണ്ടില്ലേ എന്നി തോഴി എന്നോട് സ്വരൂപം എന്നു എനിക്ക് നാ ശരീരം നനച്ചിട്ടേനേ എന്റെ ജടദേഹമേ നാ നനച്ചിട്ടേനേ മാംസിണ്ടേ നാ നെച്ചിട്ടേനേ ഇരുട്ട് മേല ഇരുക്ക് ഇരുട്ടില പോയിട്ടേ നാക്ക് എങ്ക ഗതി കിടക്ക പോ വിമുക്തി കിടക്ക പോ അപ്പുറം എന്നൊരു ഗുരു ഉപദേശം പണി ഹൃദയത്തെ പാരു ഹൃദയത്തെ പാരു ഹൃദയത്തെ പാരു വിളയും ശിവാനന്ദ അന്ത വെട്ടവെളി നണ്ണി ദുഷ്ട ഇരുളാം കലയെ കളയൻ വേറൊന്നും കണ്ടില്ലേ തോഴി ഹൃദയത്തിലെ അജ്ഞാന കലയെ നീക്കി ഹൃദയത്തിലെ പാത്തത് ഈശ്വരനോട് കലൈ പ്രകാശം തരുന്നത് അത് അജ്ഞാന കലയെ പരിച്ചു കളഞ്ഞു ഭഗവാനോട് കലൈ പ്രകാശം അന്ത ഹൃദയത്തിലെ തരണം അത് തീരുണമാണ് മുതല്ല എന്ന മൺകുടം മാത്രു നാഞ്ചിക്കണേ ഇന്ന ഉടമ്പേ നനച്ചിണ്ട് ഇന്ന ഉടമ്പ അഭിമാനിച്ചിട്ട് ഇന്ന് ഉടമ്പു സമ്പന്ധമാക്കസ്തുക്കളെ മോഹം വെച്ചിട്ട് എത്ര ജന്മാവ തീർത്തേനേ ഭഗവാനേ ചക്രവർത്തിയായി അഭിമാനമേതാ മിച്ചമാർക്ക എ ഒരു പ്രയോജനം ഉണ്ടാകലേ ഭക്തി ഉണ്ടാകലേ ഭഗവത് പ്രാപ്തി ഉണ്ടാകലെ അപ്പൊ ത ഒരു വിമുക്തി എ കിടക്കുന്നത് ഭ്രമതോ യുതമാർത്ത എങ്കയോ ഒരു വിമുക്തി കിടക്കുന്നത് എങ്ക കിടച്ചത് സത്സമാഗമ സാധു സങ്കം എങ്കോ ഒരു ഇടത്തിൽ ഏതോ ഒരു പുണ്യ പരിപാക ഘട്ടത്തിലെ ഒരു ജീവനുക്ക് സാധുക്കൾ കിട്ട സങ്കം ഏർപ്പെടാം ആശ്ചര്യമാക്കും ഒരു ജീവൻ എവിടെയോ ജനിച്ചിരിക്കുന്നു എവിടെയോ വളർന്നിരിക്കുന്നു എവിടെയോ ഒരു മഹാത്മാവുമായി ഒരു ദേശികനുമായി ഒരു സംഘം ഏർപ്പെടുന്നു എന്ന് വെച്ചാൽ സത്സംഗമോ ഉയർഹി തദൈവ സദ്ഗതവും പരാവരേഷേ ത്വയ് ജായത്തെ മതി അപ്പൊ ബുദ്ധി പരാവരേഷേ ത്വയ് ജായത്തെ ഭഗവാനിൽ രൂഢമായിട്ട് തീരുന്നു ഭഗവാനെ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഈ രാജ്യം എന്നെ വിട്ടുപോയി എന്നുള്ളതാണ് മന്യേ മമ അനുഗ്രഹ ഈശത്തെ കൃതഹാം എനിക്ക് വലിയ അനുഗ്രഹം ഈ രാജ്യം എന്നെ വിട്ടുപോയത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അഭിമാനിയായ അഹങ്കാരിയായി ഇരുന്നുണ്ടാവും സാധുക്കളൊക്കെ സർവസംഘപരിത്യാഗിയാളായി വനത്തിൽ പോയി ഇരിക്കുന്നവരൊക്കെ ധൈര്യമായെല്ലാം സന് ധന്യസ്തു സന്യസ്യത്തി ഭർതൃഹരി പറഞ്ഞു സ്വയമേവ വിഷയങ്ങൾ വിട്ടുപോകുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ആസക്തിയെ ബാക്കി വെച്ചിട്ടാണ് വിട്ടുപോകുന്നത് ധന്യനായിട്ടുള്ളവൻ വിഷയങ്ങളെ സ്വയമേവ് പരിത്യജിക്കുമ്പോ അവന് പരമമായി നിർവൃതി ഹൃദയത്തിലുണ്ടാവും അങ്ങനെയൊക്കെ എത്രയോ പേര് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വളരെ എളുപ്പത്തിൽ ഈ വസ്തുക്കളൊക്കെ വിട്ടുപോയല്ലോ അത് അനുഗ്രഹം അതുകൊണ്ട് ഭഗവാനെ വരം വേണമെന്ന് ചോദിക്കരുത് നാമയന്യം തവപാദ സേവനാത് അഞ്ചന പ്രാർത്ഥ്യതമാരാൻ വിഭോ ആരാധ്യ കസ്വാം ഹി ഹതം ഹരേത ആര്യോ വരം ആത്മബന്ധനം ഭഗവാനെ അങ്ങെ ആരാധിച്ച ആരെങ്കിലും വരം ചോദിക്കൂ രാജാവിന് ഒരു ഭിക്ഷുവിനോട് ഒരു ജോലിക്കാ ഒരു കൃഷിക്കാരനോട് ഒരു ഒന്നും കിട്ടാത്ത ഒരു സാധുവിനോട് കൃപ തോന്നി വരാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഇയാൾ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല ഒരു വഴിതിരിഞ്ഞ് കിട്ടിയാൽ വേണ്ടിയില്ല അതുപോലെ കൈവല്യമേ മൂർത്തിമത്തായി മുമ്പിൽ നിൽക്കുമ്പോ ആരെങ്കിലും വരം ചോദിക്കൂ വരം ആത്മബന്ധനം അത് കഴിഞ്ഞാൽ ഇനി അത് അനുഭവിക്കാനായിട്ട് ഞാൻ ജീവിക്കണം അതനുഭവിക്കാനായിട്ട് വീണ്ടും ബന്ധത്തിൽ കൊടുങ്ങണം അതുകൊണ്ട് വേണ്ട തസ്മാ വിസൃജ്യശിഷീശ സർവത ഹൃതസ്തമസത്വഗുണാനുബന്ധനാ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് കളങ്കലേശമില്ലാത്തതും സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടാത്തതും ജ്ഞപ്തി ജ്ഞപ്തി എന്ന് വെച്ചാൽ കേവല അവബോധം അറിവേ സ്വരൂപമായിട്ടുള്ളതും സത്യജ്ഞാനാനന്ദ സ്വരൂപമായിട്ടുള്ളതുമായ ബോധത്തിനെ ഞാൻ വരിക്കും ഇത്രകാലം അനുഭവിച്ചതൊക്കെ മതി ചിരമിഹ വൃജിനാർത്ഥ തപ്യമാനോതാ അവിതൃഷഡമിത്ര അലബ്ധശാന്തി കഥഞ്ചിത് രണത് സമുഭേദാത്വത് പദാബ്ജം പരാത്മൻ അഭയം ഋതം അശോകം പാഹിമാപന്നമീഷ എന്ന് പറഞ്ഞ് നമസ്കരിച്ച ഭഗവാനെ വെച്ചു ഭഗവാൻ പറഞ്ഞു ഹേ രാജവിഷ്ണേ ഞാൻ അങ്ങേ വെറുതെ പ്രലോഭനം ചെയ്ത് നോക്കിയതാ വരങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കോ എന്ന് ആ പ്രലോഭനങ്ങളൊന്നും അങ്ങ് വീണില്ല എന്റെ ഭക്തന്മാരുടെ ലക്ഷണം തന്നെ ഇതാണ് അവർ യാതൊന്നും ആഗ്രഹിക്കില്ല പ്രാണായാമം മുതലായ സാധനകൾ കൊണ്ട് മനസ്സിനെ ഭഗവാനിൽ വയ്ക്കാൻ ശ്രമിക്കുന്നവര് പലപ്പോഴും പരാജയപ്പെടും കാരണം വാസനാക്ഷയം ഏർപ്പെടാതെ മനസ്സിനെയോ പ്രാണനെയോ പിടിച്ചു നിർത്തിയതുകൊണ്ട് ഒരാൾക്കും വാസന ക്ഷയിച്ച ആ യോഗാനുഭവം ഉണ്ടാവില്ല തത്കാലത്തേക്കൊക്കെ മനസ്സ് പിടിച്ചു നിർത്തുമ്പോൾ നിൽക്കും വീണ്ടും വാസനാനുകൂലമായി മനസ്സ് സഞ്ചരിക്കും അതുകൊണ്ട് രാഗദ്വേഷമില്ലാതെ എനിക്ക് ഭക്തി ചെയ്തുകൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കാം ക്രമേണ വാസനാക്ഷയം ഉണ്ടായി അവിടുന്ന് ഭഗവത്പദം പ്രാപിക്കും എന്ന് പറഞ്ഞ മുച്ചുകുന്തനെ ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ മുച്ചുകുന്ദന്റെ അത്യപൂർവമായ മുച്ചുകുന്ദ സ്തുതി